അവൻ അവരെ ഒരുമിച്ചു കൂട്ടുന്ന ദിവസം പകൽ സമയത്തെ ഒരു മണിക്കൂർ മാത്രം കഴിഞ്ഞുപോയതുപോലെ അവർക്ക് തോന്നും അവർ പരസ്പരം തിരിച്ചറിയും അള്ളാഹുസുബഹാനഹുവ തയാലായുമായുള്ള കൂടിക്കാഴ്ചയെ നിഷേധിച്ചവർ തീർച്ചയായും നഷ്ടത്തിലായിരിക്കുന്നു അവർ സന്മാർഗത്തിലായിരുന്നില്ല